ആത് ഗോത്രമാകട്ടെ സത്യമില്ലാതെ ഭൂമിയിൽ അഹങ്കരിക്കുകയും ഞങ്ങളേക്കാൾ ശക്തിയുള്ളവർ ആരാണെന്ന് ചോദിക്കുകയും ചെയ്തു അവരെ സൃഷ്ടിച്ച അള്ളാഹുസുബാനുഹുവാല അവരെക്കാൾ ശക്തിയുള്ളവരാണെന്നവർ കണ്ടില്ലേ അവർ ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയായിരുന്നു